ധികാരികളായവരെ നിന്ദിക്കുക കാമ്യകർമ്മത്തിന് അധികാരികളായവരെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേക അർത്ഥത്തിലാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വേദത്തിൽ ജനിച്ചിരിക്കുന്ന യജ്ഞം പോലെയുള്ള കർമ്മങ്ങളാണ് അവിടെ രാമാനു രാജേറ്റ നാലിനെയും മൂന്ന് ഇന്ത്യയും നൈനീറ്റെയും കണ്ണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള അതിന്റെ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് കേരളം കാമ്യകർമ്മിതോ മോക്ഷ സാധനഭൂത കർമ്മവിഷയ ബുദ്ധിയെ വില ഉപാധ്യാണ് കാമ്യകർമ്മ വിഷയ ബുദ്ധിയിൽ നിന്നും വ്യത്യസ്തമാണ് മോക്ഷത്തിന് സാധനഭൂതമായി കർമ്മത്തെ സംബന്ധിച്ചത് എന്താണ് വ്യത്യാസം കാമ്യകർമ്മ വിഷയമായിട്ടുള്ള ബുദ്ധി സ്വർഗാ ഫലങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർഗഫലത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണ് അങ്ങനെ മോക്ഷ സാധനഭൂത മോക്ഷത്തിന് സാധനമായിരിക്കുന്ന കർമ്മത്തിൽ വ്യത്യാസങ്ങൾ അതേ കർമ്മങ്ങൾ ഒരേ കർമ്മങ്ങളിൽ മോക്ഷത്തിന് സാധനമായി നിന്റെ മോക്ഷത്തിന് വേണ്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതാണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് സംഘം തെറ്റോ ഫലാർച്ച ഇപ്പൊ സംഘവും ഫലവും ഈ സംഘം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഏത് കർമ്മത്തെ സംബന്ധിച്ചും ശ്രമിച്ചു നോക്കാം സംഘമില്ലാതെ കർമ്മം ചെയ്യുക അപ്പൊ അതിന്റെ രാമാനുജായും പ്രധാനമായിട്ടും പറയുന്നത് സംഘമില്ലാതെ കർമ്മം ചെയ്യണം എൻ്റെ ആത്മബോധം ആത്മജ്ഞാനത്തോടുകൂടി കർമ്മം ചെയ്യണം ഇവിടെ പ്രത്യേകത ആത്മബോധത്തോടുകൂടി ഗീതയില് അത് തന്നെ പറയും ശങ്കരചാരൻ പറയുമ്പോ ആത്മബോധവും കർമ്മവും കൂടെ ഒത്തുപോകത്തില്ല ആത്മബോധമാണ് ഈ കർമ്മ ഉപേക്ഷി രാമാനുചാരി പറയുന്നത് അങ്ങനെ തന്നെ ആത്മബോധത്തോടു കൂടി കർമ്മം ചെയ്താൽ അത് കർമ്മയോഗമാണ് ഇതാണ് നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഈ രാമാനുചാര്യ ആശ എടുത്തിട്ടാണ് കാരണം ഗീതയുടെ ആ വരികളോട് യോജിക്കുന്ന ആശങ്ക കാരണം അവിടെ ഗീതയുടെ സന്യാസത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും ഒക്കെ അത് രാമാനുജാ പറയുന്ന രീതിയാണ് കൂടുതൽ യോജിക്കുന്നത് എന്നതിന് സംഘം അത് യുദ്ധം പോലെയുള്ള കർമ്മങ്ങളിൽ വിശദീകരിക്കുക എന്നുള്ള കുറച്ച് പ്രയാസം വേണമെങ്കിൽ വിശദീകരിക്കാവുന്ന കാരണം കർമ്മത്തോൾ കർമ്മം നിസ്സംഗമായി ചെയ്യാവുന്നതും ഞങ്ങൾ മനസ്സിലാവും പഴയ ക്ലാസ് പക്ഷെ അവിടെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ എന്ന് വ്യാഖ്യാനിച്ചാൽ നമുക്ക് എളുപ്പമാവും വൈദികമല്ലാതെയുള്ള കർമ്മങ്ങളെ സംബന്ധിച്ച് വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചാളെ വിളം ഉപേക്ഷിച്ചിട്ടൊന്ന് വ്യാഖ്യാനം അതുകൊണ്ട് വൈദികമായ കർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്നത് അത് എങ്ങനെയുള്ള ഫലമായാലും ശരി അതീന്ദ്രീയമായ സ്വർഗാതി ഫലങ്ങളായാലും ശരി പുത്തനുണ്ടാവുക മഴ ഉണ്ടാവുക ആയുസ് ഉണ്ടാവുക കണ്ണിൽ കാഴ്ച ഉണ്ടാവുക സമ്പത്തുണ്ടാവുക പശു ഉണ്ടാവുക ഇങ്ങനെയുള്ള ലൗകിക ഫലങ്ങളായി അതൊരാൾക്ക് ഉപേക്ഷിക്കാൻ കാരണം ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ഫലം ഉണ്ടാവും ഉള്ളത് വേദപ്രമാണത്തിലൂടെ അറിയുക എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രമാണ് ഈ കർമ്മവും ആ ഫലവുമാണെങ്കിലും അലൗകികമായ ഫലങ്ങളാണെങ്കിൽ സ്വർഗം പോലെയുള്ളവർക്കാണെങ്കിൽ നമുക്കൊരിക്കലും കർമ്മവും ഫലവും തമ്മിൽ മനസ്സിലാക്കാനേ പറ്റത്തില്ല മരിച്ചതിന് ശേഷം ഗുഹലോകത്തിലുള്ള ഫലങ്ങളാണെങ്കിൽ ഈ കർമ്മവും ആ ഫലവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഫലം ലോകത്ത് പ്രത്യക്ഷമായി വരാം പക്ഷെ തീരുമാനിക്കാൻ പറ്റത്തില്ല ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണോ അതുകഴിഞ്ഞ് ഇത് ഞാൻ ചെയ്ത വൈദിക സംഭവത്തിന്റെ ഫലമാണോ അതുകഴിഞ്ഞ് ഞാൻ ഇത് മറ്റെന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമാണോ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് ഫലമുണ്ടായോ തീരുമാനിക്കും ഞാൻ എന്നെ പ്രവൃത്തി ചെയ്തു ഫലമുണ്ടായി അങ്ങനെയുള്ളതാണ് പക്ഷേ യാഗം ചെയ്ത് മഴ പെയ്തു കഴിഞ്ഞാലും ഞാൻ യാഗം ചെയ്തുകൊണ്ടാണോ മഴ പെയ്തതെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞത് പക്ഷെ മഴയെന്തായിരിക്കും അവിടെയൊക്കെ എന്താണോ ഒരു വിശ്വാസം വിശ്വാസത്തിനെ പറ്റും ആ വിശ്വാസത്തെ ആശ്രയിച്ചിരുന്ന ഫലങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റും കാരണം വിശ്വാസം ൊണ്ട് ഫലത്തെ ആഗ്രഹിക്കും സ്വർഗഫലമായാലും ശരി ലൗകികമായ ഫലങ്ങളായാലും ശരി അപ്പൊ ആഗ്രഹത്തെ കുറിച്ചാൽ ഫലത്യാഗമാണ് ആ അതും നല്ല ജോലിയാണ് പിന്നെ എന്തിനു ചെയ്യുന്നു മോക്ഷത്തിന് വേണ്ടി വൈദികന് വേദത്തിന് വിശ്വാസമുണ്ട് വൈദിക കർമ്മങ്ങളിൽ വിശ്വാസമുണ്ട് അത് പ്രമാണമാണ് അതിലുണ്ടാകുന്ന പ്രമയാണ് വിശ്വസിക്കുന്നു അപ്പൊ വിഹിതമായ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അവന്റെ ധർമ്മം അതാണ് ധർമ്മം എന്ന് പറയുന്നത് അപ്പൊ ആ ധർമ്മം ചെയ്യണം വിധിച്ചിരിക്കുകയാണ് സ്വർഗ്ഗകാമോ എത്തിയത്താൻ എന്ന് പറഞ്ഞാൽ അഥവൻ ചെയ്തേ മതിയോ അവന്റെ ധർമ്മം എന്തിനു വേണ്ടി ചെയ്യണം അതാണ് കൂടെ രാമായണുചാരിയാണോ അത് വളരെ വ്യക്തമായി പറയുന്നത് ശങ്കരാചാര്യ കർമ്മങ്ങളോട് ഒരു അലർജി വന്നുകൊണ്ട് അത് നമുക്ക് വ്യക്തമായി വിശദീകരിക്കൽ വിശദീകരിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കും അപ്പോ കർമ്മം ചെയ്യണം പിന്നെ അതിന് എന്തിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മത്തെ നെന്തിക്കുക ചെയ്യുന്നവനൊന്ന് എന്തിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗം പോലെയുള്ള തുച്ഛലങ്ങൾ വേണ്ടി അവർക്ക് ചെയ്യാൻ പാടില്ല പിന്നെ അസന്ധമായി ചെയ്യുക ഫലത്തെ തേച്ചിട്ടൊക്കെ ചെയ്യുക ഫലത്തിൽ ആഗ്രഹം വയ്ക്കുക ചിത്തശുദ്ധിക്കുകയൊക്കെ ചെയ്യുക അപ്പോ ഇവിടെ ഭഗവാൻ കണ്ണ പറയുന്നത് എന്താണ് ഈ കർമ്മങ്ങളെല്ലാം ഫലത്തിൽ ഉപേക്ഷിച്ചിട്ട് ചെയ്ത ഫലത്തെ ആഗ്രഹിക്കാതിന് അഞ്ചത്തെ ശുദ്ധിക്ക് ഉപകരിക്കുന്നു അപ്പൊ ഭഗവാൻ പറഞ്ഞതാണ് പ്രമാണം ആ കർമ്മങ്ങൾ ചെയ്യാം ചെയ്യുന്നതിന് ദോഷം എന്തുകൊണ്ട് ചെയ്യുന്നു എന്തിനു ചെയ്യണം എല്ലാത്തിനും തരും ഈ മോക്ഷത്തിൽ ചിത്രശുദ്ധി വേണ്ടി കർമ്മം ചെയ്യേണ്ടി അതെന്റെ സ്വധർമ്മം അപ്പൊ ഇത് ഭഗവാൻ തന്നെ ഏർപ്പെടുത്തിയൊരു കാര്യമെന്നാ പറയുന്നു വിശ്വാസം ഓം തത് സി നിർദ്ദിഷ്ടം ബ്രാഹ്മണ സ്ത്രീ പുത ബ്രാഹ്മണേദാസ്ത്രീ ഗീത പിത കേട്ടിട്ടുണ്ട് എവിടെയാണെങ്കിൽ കേട്ടത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് എന്നിട്ട് ഭഗവത്ഗീത എന്നുള്ള പഠിച്ചതാണ് ഭഗവാൻ അത് ഇവിടെ ബ്രാഹ്മാനുചാരി ഭക്ഷണം ഒരു ഭഗവാനെ ഉള്ളൂ നാരായണെന്ന് നാരായണം തുടങ്ങിയപ്പോ തന്നെ ഓം തത് സത് മൂന്ന് വാക്ക് പറഞ്ഞു ഈ മൂന്ന് വാക്ക് പറഞ്ഞിട്ട് മൂന്ന് പേരെ സൃഷ്ടിച്ചു ഒന്ന് ബ്രാഹ്മണരെ മറ്റൊന്ന് വേദത്തെ മറ്റൊത്ത് യജ്ഞങ്ങളെ ഇതൊന്നും വെറുതെ അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മാനുജന്റെ വ്യക്തമായി പറയും ബ്രാഹ്മണൻ അവിടെ വരുന്ന ഇവിടെ വൈദികൻ അങ്ങനെയാണ് പറഞ്ഞു അപ്പോ ബ്രാഹ്മണനെയും യജ്ഞങ്ങളെയും വേദങ്ങളെയും ഭഗവാൻ തുടക്കത്തിൽ സൃഷ്ടിച്ചത് ഈ കർമ്മങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഈ സൂത്രന്മാരെയൊക്കെ അങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് പറയുന്നു അവരൊക്കെ സൃഷ്ടിച്ചപ്പോഴേ ഓം തത് സത് എന്ന് പറഞ്ഞു അതോ നശിച്ചവന്മാരെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചതെന്ന് നിർത്തു അക്കാര്യം വീതിയിൽ പറയും ഈ മൂന്ന് പൊട്ടറെ സൃഷ്ടിച്ചു വേദത്തി യജ്ഞത്തിൽ എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഇത് പാടില്ല ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി ഉണ്ടായാലും അവർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളും ഉണ്ടായി ഇതെല്ലാം പ്രതിപാദിക്കുന്നു വേദമുണ്ടായിന്ന് ഭഗവാൻ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ന്യൂന വരാം രീതിയിൽ തന്നെ പറയുന്ന കാര്യമാണ് നേരത്തെ ചോദിച്ചല്ലേ എന്തിനായിരുന്നു ചെയ്യുന്നതാണ് അനുസരണീ പറയും ചെയ്തേപ്പറ്റും പിന്നെ ശൂദ്രന്മാർ ചോദിഞ്ഞാൽ എന്തിനായും ചെയ്യുന്ന അവര് ചെയ്യേണ്ട ആവശ്യം അവരെ കുറിച്ചല്ല പറയും ബ്രാഹ്മണ ശബ്ദത്തിന് ശങ്കരാചാര്യം ബ്രാഹ്മണൻ ജാതി പിന്നെ കുറച്ചുകൂടെ ഒന്ന് വിന്നമാക്കി മസൂൺ വർഗികന്മാർ ബ്രാഹ്മണൻ ക്ഷേത്രയും വയസ്സും കാരണം മൂന്നുപേരൊന്നും കാരണം ചെയ്യാൻ അധികാരം ഉണ്ടല്ലോ മൂന്നിലെയും പുരുഷന്മാർക്ക് സ്ത്രീകൾ സന്തോഷിക്കുന്നു പറഞ്ഞില്ല ശൂദ്രന്മാർ ഇരിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ എന്തിനു ചെയ്യുന്നു മറ്റുള്ളവർ ചോദിക്കരുത് അതിനധികാരികൾ ചോദിക്കും അപ്പം അവർ ചെയ്തേ പറ്റും ഇത് രീതിയുടെ സിദ്ധാന്തമാണ് വീതയുടെ ശരിയായ വ്യാഖ്യാനമാണ് അതുകൊണ്ട് കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു ചെയ്യണം അപ്പൊ എന്തിനു ചെയ്യുന്നുള്ളൊരു ചോദ്യം വഹിക്കുന്നുണ്ട് ചെയ്തേ പറ്റും പക്ഷെ ഫലം ത്യജിക്കാം കാരണം ഫലമെന്ന് പറയുന്നത് എന്താണോ ഒരു വിശ്വാസമാണ് അതുകൊണ്ട് വരുന്ന ആഗ്രഹമാണ് അത് ഒരാൾക്ക് ആഗ്രഹിക്കാതിരുന്ന പലത്യാഗമാണ് നിസ്പൃഹനായി നിർമ്മാണനായി എന്നൊക്കെ പറയുന്നതാണ് അതെല്ലാം വരുന്ന ഇതാണ് ഈ ഭാരതത്തിനോട് ആഗ്രഹമില്ലെന്ന് പറഞ്ഞാലും ഫലം ത്യജിക്കുക എന്ന് പറഞ്ഞാലും ഒന്നാമെന്ന് അവിടെ വരും യുദ്ധത്തിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തല്ലിക്കൊല്ലുന്നതാണ് അപ്പൊ ഫലവൻ ആഗ്രഹിക്കാതെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം അപ്പൊ ഫലം ആഗ്രഹിക്കാതെ ഇങ്ങനെ കൊല്ലാൻ പറ്റും അങ്ങ് യുദ്ധം ചെയ്യുന്നുവെന്ന് വീറോടെ വായിയോടെ യുദ്ധം ചെയ്യുന്നു കൊല്ലണമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നിട്ട് അപ്പൊ പിന്നെ ഫലം ആഗ്രഹിക്കാതെ എങ്ങനെ ക്ഷത്രിയന്മാരെങ്ങനെ ഇല്ലെങ്കിൽ അവിടെ ഫലത്യാഗോചന നടക്കുന്നു അങ്ങനെ അർഹരും എന്തെങ്കിലും തോന്നുന്നുണ്ടോ അവർക്ക് ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഫലത്തെ അതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ അതോ ആ പ്രാപ്തി സ്വർഗം അവിടെ ഈ അത്തരം ഫലങ്ങൾ കഴിച്ചു മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തു പോകും എന്നുള്ളൊരിതുണ്ടല്ല അപ്പൊ സ്വർഗം പോലെയുള്ള ഫലങ്ങൾ അതിനും പറയുന്നു യുദ്ധത്തിനും പറയും പിന്നെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ജയിച്ചാ രാജ്യം കിട്ടുമെന്ന് പറയുന്നു അത് വിശ്വാസമുണ്ട് ജീവിച്ചാലും അനുഭവം കിട്ടും ഇതുവരെ ലൗകിക കർമ്മമായി അലൗകിക കർമ്മ വേണ്ടി യാഗം ചെയ്യും പോലെ അതുകൊണ്ട് അതെന്തായാലും പിന്നെ അവിടെ എന്താണോ ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുമെന്നൊക്കെ പറയാൻ പറ്റും യുദ്ധം പോലെയുള്ള ഹിംസാത്മകമായ ക്രൂരകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് അനാസക്തനായിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് പ്രയാസം എന്തായാലും അർജുനൻ അനാസക്തനായിരുന്നില്ല ആസക്തിയോടുകൂടി തന്നെ ചെയ്യും പിന്നെ അങ്ങനെ ആർക്കെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരാൾ പറയാന് കഴിയും കൊല്ലുമ്പോൾ ഒരു മനം പുരട്ടനില്ലാതെ ബ്ലഡ് ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു വരുമില്ല ശ്രദ്ധിക്കാനൊക്കെ വരും അതൊന്നും ഇല്ലാതെ കൊല്ലാൻ അങ്ങനെ ആരെങ്കിലും പറയണമെങ്കിലുമൊക്കെ നമ്മളെ എതിർക്കാനൊന്നും അവരോട് മൽപിടുത്തത്തിലൊന്നും സ്വർഗത്തെ ഉപേക്ഷിക്കാം ലൗകികമായ കർമ്മങ്ങൾ വരുമ്പോ അവിടെ ഈ രാമാനുജാ ഞാൻ വ്യാഖ്യാനിക്കുന്നതിലും പ്രശ്നമാണ് വൈദികർമ്മങ്ങൾ അത് സംബന്ധിച്ച് ശരിയാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാകും അത് ഉപേക്ഷിക്കും അതാണ് അപേക്ഷിക്കുന്ന കാര്യമാണ് ത് വൈദികനെ സംബന്ധിച്ച് പറയുന്നുണ്ട് പ്രശ്ന ബ്രാഹ്മണനെ സംബന്ധിച്ച് പറയുന്നത് പറയുമ്പോൾ പ്രശ്നമാണ് മറ്റുള്ളവർ കർമ്മ കൃഷി കാര്യം വരുമ്പോൾ അതൊക്കെ പ്രയാസ കാര്യങ്ങളാണ് ഇതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് പിന്നെ അവിടെ പറയാനുള്ള എന്താണ് അനാസക്തനായി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ഏത് തരത്തിലുള്ള കർമ്മമാണ് പ്രധാന വിഷയം അതോ അർജുനൻ പറയുന്ന പോലെ ഘോരകർമ്മങ്ങളാണെങ്കിൽ അവിടെ ഒരാൾക്ക് എത്രമാത്രം അനാസക്തനാകാൻ കഴിയും എന്നുള്ള ചെയ്യുന്നു അല്ല കൃഷി പച്ചവടം ഘോരക്ഷ ഇതൊക്കെയാണെങ്കിൽ ഘോരകർമ്മങ്ങളത്തരം കർമ്മങ്ങളിൽ ഞാനാസക്തനായി ചെയ്യണം ഹിംസാത്മകമായ കർമ്മം കുറയും അവർക്ക് പ്രയാസമുള്ള കഴിക്കുന്നത് അതെങ്ങനെയാണ് ഇതാബാരി ആചാര വ്യാഖ്യാനിക്കുന്നത് നോക്കുന്നു ബോട്ട് വരുന്നതെന്ന് നോക്കാം തൽക്കാലമായ വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് അതുകൊണ്ട് കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ബുദ്ധി അതിന് സ്വഭാവ ഫലങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് മോക്ഷസാധനം പോലെ കർമ്മക്ഷയായി ആവർത്തിക്കും വയലക്ഷികൾ ഭൂപാധ എന്ന വ്യത്യാസം നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ദിവസം അനന്തരം മോക്ഷസാധനയിൽ ശൈഖിയ ശൈഖ്ര ശൈഖ്രം ശീക്രത എന്ന് പറയുന്നത് ശീക്രത എന്ന് പറയുമ്പോൾ തലന്തോണം ശ്രൈഖ്രം എന്ന് പറയുമ്പോൾ ഷണ്യന്ധമാണ് പ്രത്യേകത്തിൽ വരുന്നത് വ്യത്യാസമുള്ള അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് അപ്പൊ മോക്ഷത്തിന് സാധനമായിരുന്ന പിന്നെ ഇതര ഫല വൈതൃഷ്ണീയജനായ മറ്റു ഫലങ്ങളിൽ വിരക്തി ഉണ്ടാകുന്ന ഈ സ്വർഗം പോലെയുള്ളതാണ് കാരണം ഈ ജന്മത്തിൽ തന്നെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് ചിത്തശുദ്ധി നേടണം അതുകൊണ്ട് മോക്ഷസാധനത്തിൽ അവൻ ശീരം മോക്ഷസാധന രൂപങ്ങളിൽ മോക്ഷ സാധന രൂപത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്യണം ചിത്തശിസ്ഥ അത് വേഗത്തിൽ വേണം അതിനുവേണ്ടിയിട്ടും സ്വർഗാ ഫലങ്ങൾ വിലക്കിയുണ്ടാകും വേണ്ടി തത്ത കർമ്മ അധികൃത തത്തഫല സാധന കർമ്മ അധികൃത അത് ഓരോരോ ഫലത്തിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ആ കർമ്മങ്ങൾക്ക് അധികാരിയായിട്ടുള്ളവർ ഇവിടെ നിന്ദിക്കുന്നു നമ്മൾ ആ ഫലത്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നതിന് അടിച്ച് മോക്ഷത്തിനടി ചെയ്യുന്നത് അതാണ് തത്തത് ഫലം ഓരോരോ കർമ്മങ്ങൾക്കും വിളിച്ചിട്ടുണ്ടാക്കുന്നു അതിൻ്റെ സാധ്യതമായിരിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നിത്യ അതിനധികാരിയായിട്ടുള്ളവരെ നിന്ദന്തി എന്നത് വിശദീകരിച്ച് മനസ്സിലാക്കണം എന്നാണ് ഉപരിദിന ശ്ലോകത്രയമാക്കാർ ഇനി മൂന്ന് വരുന്ന ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുമ്പോഴും ഇത് മനസ്സിലാക്കണം മോക്ഷത്തിനു വേണ്ടി കർമ്മം ചെയ്യണം വൈദികമായ കർമ്മങ്ങളല്ല അതാണ് അവിടെ പറഞ്ഞത് അധകാമ്യ കർമ്മം അധികൃത അല്ലാതെ സാധാരണ എന്താണ് ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ ഈ ശങ്കരാല വ്യാഖ്യാനങ്ങളിൽ പൊതുവെ പറയുമ്പോൾ എന്താണോ വൈദിക കർമ്മങ്ങളെ കൂടെ നിഷേധിക്കുകയാണ് വൈദിക കർമ്മങ്ങളെയൊന്നും നിഷേധിക്കുന്നില്ല അത് ചെയ്യാൻ പാടില്ലെന്ന് പറയണം അതും പറയുന്നില്ല എല്ലാ കർമ്മങ്ങളെയും ചെയ്യണമെന്ന് തന്നെയാ പറയുന്നത് പക്ഷേ മോക്ഷത്തിൽ ഇതാണ് വ്യത്യാസം ഇമാ പുഷിതാം അവിപസ്ഥിത വേദവാദരപ്പാന്നിദീവാദ സ്വർഗപര ജന്മകർമ്മഫലപ്രദാവിശേഷബുളള ഹോ ഗൈശ്വര്ജയ ഭോകൈശ്വര്യ പ്രസക്ത അപഹൃതചേതസ വ്യവസായത്മകുദ്ധി സമായാമിമാം മുഷ്ടിതാം പുണ്യമാത്രം വേദപരേ വേദവാക്ങ്ങ പുഷ്പിതം എന്ന് പറഞ്ഞാൽ കാണുന്നത് അല്ല പുഷ്പ മാത്രമല്ല പുഷ്പിത പുഷ്പിതാം പുഷ്പ മാത്രമല്ല അങ്ങനെ പറയുന്നു പുഷ്പിതാം അതായത് ഞാൻ പറയുന്നു ഫലം വിവച്ചേത് സുഖേന അസുഖ ഉദർക്കത്വം പരം എത്തിയഭിപ്രായം വിവച്ഛേദ മുഖേ ഫല വിവച്േത് മുഖ്യം വെച്ചാൽ ഫലം നേരത്തുണ്ടാകത്തില്ല ഫലമുണ്ടാണെങ്കിൽ ആദ്യം പുഷ്പം ഉണ്ടാവും പുഷ്പത്തെ തുടർന്ന് ഫലം അപ്പൊ ഫലത്തിന്റെ മുമ്പിൽ ഒരു ഫലത്തെ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സമായിരിക്കുന്നതാണ് പുഷ്പം പുഷ്പത്തെ ആഗ്രഹിക്കുന്നവർക്കല്ല ഫലത്തെ ആഗ്രഹിക്കുന്നു അതാണ് ഫലവിവച്ഛേദം ചെയ്യുന്നതാണ് ഫലവിവച്ഛേദം വരുന്നത് വെച്ചാൽ ഫലത്തിനൊരു തടസ്സം വരും അങ്ങനെ അസുഖ ഉദർക്കരം ഉദർക്കം എന്ന് വെച്ചാൽ ഭാവിയിൽ സംഭവിക്കും അസുഖ സുദർക്കം ഭാവിയിൽ തീരുന്നു അസുഖമായി തീരും എന്തുകൊണ്ട് ഈ വൈദിക കർമ്മങ്ങളുടെ ഫലമല്ല സംസാരിക്കുന്ന കാരണം സ്വർപ്പം തന്നെ തിരിച്ചു വരും കേൾക്കുമ്പോ സ്വർഗ്ഗം അപ്പൊ അത് എന്താണ് പുഷ്പം പോലെയാണ് മനോഹരമാണ് സ്വർഗവും പറയും പക്ഷെ പിന്നീട് ഒരു ഫലം വരുന്നത് എന്താണ് സംസാരം അതാണ് അസുഖതർക്കവും പറയും ഭാവി അല്ല കാരണമായി തീരും നമ്മൾ പറഞ്ഞ പുഷ്പ മാത്ര ഇത് എന്താണ് അതൊന്നുകൂടെ പറയുമ്പോൾ ആപാദരമണീയം കേൾക്കുമ്പോ സുഖമാണ് സ്വർഗ സ്വർഗം എന്ന് കേൾക്കുമ്പോ ആൾക്കാർക്കൊക്കെ അധികം താല്പര്യമില്ല മനുഷ്യന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അവന്റെ മനസ്സിനെ മോഹിപ്പിക്കുന്ന എന്തെങ്കിലും പറയുമ്പോൾ അവരെ അധികം താല്പര്യപ്പെടും പരലോകത്ത് പോവാം അവിടെ പോയി സുഖമായിരിക്കാം അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടുത്തെ കഷ്ടപ്പാടുകളൊന്നുമില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യൻ പരലോകത്തിന് തയ്യാറായി ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൊണ്ടും വെട്ടികൾ ആ കാര്യങ്ങളൊക്കെ പറയും ഈ പരലോകം ഉണ്ടെന്നുള്ള എന്തെങ്കിലും ഒരു തെളിവ് ആർക്കെങ്കിലും ഹാജരാക്കാൻ പറ്റും ഒന്നുമില്ല ആപാതരമണീയ കേൾക്കുമ്പോൾ വളരെ സുഖമുണ്ടാകും പല കാര്യങ്ങളും അങ്ങനെയാണ് കാണുമ്പോ സുഖമായി പോകും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ണം നല്ല മനോഹരമായിരിക്കും കാഞ്ഞിരക്ക പഴുത്ത കാഞ്ചിരക്ക കണ്ടുകഴിഞ്ഞാൽ കാണാൻ നല്ല മനോഹരമായി ഓറഞ്ച് പോലെ ഇട്ട് അത് അതെടുത്ത് വയലിട്ട് കഴിഞ്ഞാൽ കയ്പ്പ് സഹിക്കാൻ പറ്റിയില്ല ചെറുപ്പം വിഷമം അപ്പോൾ അങ്ങനെയുള്ളതിന് ആപാത രമണീയം എന്ന് പറയുന്നത് ആപാതം എന്ന് വെച്ചാൽ പൊതുവേ സാമാന്യമായി പുറമെ എന്നൊക്കെ രമണീയം എന്ന് വെച്ചാൽ രമിക്കത്തക്കാനും ശബ്ദങ്ങളും അങ്ങനെ അപ്പൊ ഈ വേദവാക്യങ്ങളെ കുറിച്ച് പറയണം അതെല്ലാം എന്താണ് ആപാദ രമണീയമാണ് സ്വർഗം എന്ന് കേൾക്കുന്നത് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ സംസാരമാണ് അവിടെ തിരിച്ചു പറയേണ്ടി വരുന്നത് ഇതെല്ലാം പറയുന്നത് മോക്ഷമായിട്ട് ബന്ധപ്പെടുത്തിക്ക വിശ്വസിക്കുന്ന മനുഷ്യനും ഇങ്ങനെ മോക്ഷമെന്നൊക്കെ കേട്ടുകഴിഞ്ഞാലും ആ വേദം അല്ലെങ്കിൽ പുരാണങ്ങളത് സ്മൃതികളത് ഇതൊക്കെ പ്രമാണമായി സ്വീകരിക്കുകയും ഇതിനൊക്കെ സത്യമാണോ പറയുന്നതെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ അവരും ഒരിക്കലും അത് വിശ്വസിക്കുന്നത് വിശ്വസിക്കാത്തവരുടെ കാര്യം പോട്ടെ വിശ്വസിക്കാത്തവരെ കുറിച്ച് അവർ പറയുന്നത് എന്താണ് അവര് ചർവാകന്മാരാണ് നാസ്തികന്മാരാണ് ഇത് ഒന്നും അംഗീകരിക്കാത്തവരാണ് അവരെ ഇപ്പോഴും നിന്ദിക്കും ഇവിടെ പറയുന്നത് ഇനി വിശ്വസിക്കുന്ന ആൾക്കാർ അതിൽ കൂടുതൽ നിന്ദനീയരാണ് അവരത് വിശ്വസിക്കാത്തോണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നേ ഉള്ളൂ ഇതൊക്കെ വിശ്വസിച്ചിട്ടെങ്കിൽ അവർ പോകുന്ന എന്താണ് അപാലരമണീയമായി സ്വർഗാതിഫലം കൊണ്ട് പറയുകയാണ് അപ്പൊ അവർ നിന്ദിക്കത്തക്കവരാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പൊ ഞങ്ങൾ വലിയ നാസ്തികന്മാരാണ് വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നാസ്തികന്മാരെ നന്ദി നാസ്തികവാദം ചെയ്യുന്നവരെ പക്ഷേ ആസ്തികന്മാരായിരുന്ന നിങ്ങൾ അതും കൂടുതൽ നിന്ദ അറിയിക്കുന്നവരാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ മിട്ട് പോകുന്നില്ല കർമ്മകാണ്ഡിട്ട് പോകുന്നില്ല അത് ശ്രോതമായ സ്ഥിതി സ്മാർത്ഥമായ സ്ഥിതി ഇത് ചുറ്റിപ്പറ്റിയാണ് മനുഷ്യൻ്റെ ജീവിതം ആധ്യാത്മികമായ തിരിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ പോലും അവർ സ്വയം അഭിരമിക്കുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ പറയുന്ന കർമ്മ അപ്പോ അവരെ നിന്ദിക്കാതിരിക്കുന്ന എങ്ങനെ ചാർവാഹനം നിന്ദിക്കുന്ന കൂടുതൽ അവരെ നന്ദി അതാണ് കമ്മി കർമ്മ അധികൃത നന്ദതി അവരെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല അവിപശ്ചിതത അത്പജ്ഞാന ഇങ്ങനെ ഫലങ്ങൾ ഉദ്ദേശിച്ചു മോക്ഷത്തെ ഉദ്ദേശിച്ചിട്ട് ഫലങ്ങൾ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്ന എന്താണ് അൽപജ്ഞതമാണ് വിവിധ വിപശ്യത്വം വിപശചിത്വം നല്ലൊരു വ്യാഖ്യാനമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനത് വായിച്ചു വേദാന്ത ദേശീയ നല്ല സരസനായും പണ്ഡിതനൂടെ വെറും പാണ്ഡിത്യുമാർ സഹൃദയനായ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനുള്ള ഹൃദ്യതയുണ്ട് സൂക്ഷ്മതയുണ്ട് അർത്ഥ ഗാംഭീര്യമുണ്ട് വ്യാഖ്യാന പ്രത്യേകതയാണ് വിവിധം പശ്യസ്തിന്ത്ര ബോധം വിവിധം വിവിധ പല കാര്യങ്ങളെയും അറിയുന്ന ബോധമാണ് എന്നാണ് വിപശിത്വം വിശേഷമായി പറ്റിയത് ഒരു കാര്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാനാവശ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അതുകൊണ്ട് തന്നെ കുറച്ച് മുമ്പോട്ടേ പറയും എന്താണ് ശങ്കരായ കുറിച്ച് പറയും മന്ദബുദ്ധിയാണെന്ന് ശങ്കരായും മന്ദബുദ്ധി എന്ന് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശങ്കരായ ഒരുപാട് പേര് മന്ദബുദ്ധി എന്ന് വിളിക്കുന്നു യഥാതെ ദേശീയ ശങ്കരായെന്ന് പറയും മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞു ഭഗവാൻ ഭാഷ്യകാരൻ എന്ന് സാറിന് പറയാറുള്ളൂ അത് ശങ്കരായ മാത്രമേ പറയൂ എന്തുകൊണ്ട് രാമാനുചാരികൾ പറഞ്ഞുകൂടാ രാമാനുചാരി ഒരു ഭാഷകാരൻ അവിടെ ഭഗവാൻ ഭാഷയകാരൻ എന്ന് പറഞ്ഞാൽ എല്ലാ വഴക്കം ഒരു കുഴപ്പമുണ്ട് നിങ്ങളുടെ ഭാഷ്യത്തിൻ്റെ പേരിമ്മ കണ്ടിട്ടാണ് രണ്ടുപേരെയൊന്നും പറയാം ഭഗവാൻ ഭാഷക്കാർക്ക് ഒരു തെറ്റുണ്ട് ചിലടവല്ല അവർക്കൊരു വാശിയാണെന്നാണ് ഭഗവാൻ ഭാഷകാരൻ എന്ന് പറഞ്ഞാൽ ഒരാളെ എടുക്കും ശങ്കരാചാര്യ മാത്രം ആളിനെയാണ് അവര് ദേശീയർ പറയുന്ന മന്ദബുദ്ധി വിഭജിച്ചതല്ല നാനാവശ്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ചിന്തിക്കുന്നില്ല ഒരൊറ്റ പോകാണ് കണ്ണടച്ചരൊറ്റം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു വിഭജിച്ചതല്ലാത്തവരാണ് അവിഭസ് ആനവിടെ പറയുന്നു ബാക്കി അവിടെ പറയുന്നത് വ്യാകരണമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ മനസ്സിലാവത്തില്ല അത്പജ്ഞ പത്താം വേദരേഖെന്ന് വെച്ചാൽ എന്താണ് ആ വിഭനായിട്ടുള്ള ഉപനിഷ ഉപനിഷത്തിൽ ഉപനിഷത്തിലൂടെ സാധ്യമായിരിക്കുന്ന സ്ഥിര അസ്ഥിര എന്ന് വെച്ചാൽ ഒരു സാധാരണ അതികൂടെ വിചാരം ചെയ്യുന്നവനും ഗീതാമനനം ചെയ്യുന്നവനും സാധ്യമായിരുന്നു വനഷത്തിലൂടെ എന്താണ് സ്ഥിര അസ്ഥിര വിവേകം എന്താണ് സ്ഥിരം എന്താണ് അസ്ഥിരം എന്നുള്ളത് മോക്ഷം സ്ഥിരമാണ് ഈ പറയുന്ന ഫലങ്ങളെന്ന അസ്ഥിരം ഈ വിവേകം ഇല്ലാത്ത കൊണ്ടെന്താണ് അവിപശ്ചിത് എന്ന് വെച്ചാൽ അല്പജ്ഞത്തെ അധ്യയനം ചെയ്യുന്നവരും ആ കർമ്മകാണ്ടത്തിൽ മുഴിയിരിക്കുന്നവരും അത് അതിന്റെ ഫലങ്ങൾക്ക് വേണ്ടി അതനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി അതുമല്ല കുറച്ചാൾക്കാരുണ്ട് എന്തോ വലിയൊരു സംഭവം പോലെ ഗണങ്ങളാണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ അർത്ഥം പോലും ദർവികരസ് എങ്ങനെയാണോ തവിക്ക് സാമ്പാറിന്റെ ടേസ്റ്റ് മനസ്സിലാകാത്ത ആളുകളെ ഇവർക്കൊരിക്കലും എന്താണെന്നൊന്നും അറിയത്തില്ല ആൾക്കാരുടെ മുമ്പേ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പണമുണെന്നൊക്കെ ഇങ്ങനെ പാടിക്കും അതീസൂക്കുന്നവരും ഇതും ഗ്യാസ്കൻ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ പറയുന്നതാണ് ഞാൻ ആരെങ്കിലും പ്രത്യേകിച്ച് ആക്ഷേപിച്ചു പറയണമെങ്കിൽ അത് ആക്ഷേപമായി നടത്തുന്ന ടവർക്കോട്ടെ ഗ്യാസ്കനെ പോലെയുള്ള വേറൊട്ടർ എന്ത് ചെയ്യുന്നു ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ കർമ്മകാന്ഡത്തിൽ കഴിയുന്നു ഇങ്ങനെ ഫലത്തിന് വേണ്ടി ഫലം ആഗ്രഹിച്ചു പോകുന്നു അവരെന്താണ് അവിഭ്യെന്നാണ് പറയുന്നത് വെറും അൽപജ്ഞന്മാരും മൂഢന്മാരും വിവേകം ഇല്ലാത്തവർ മൂർഖന്മാരെന്നാണ് അവിടെ പറയുന്നത് ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴേ ഇവരെന്തെങ്കിലും പറയാനൊരു അവസരം കിട്ടും അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടത് എല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നില്ല എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ആരോടുള്ള വിദ്വേഷം കൊണ്ട് പറയണം അങ്ങനെ രാമാനുചാരി വേദാന്ത ദേശീയ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനിച്ച് ഞാൻ പറയണം ചെറുത് പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളൊന്നും ഞാനിത് കയറി ഒളിച്ചു വച്ചിട്ട് പറയുന്നു അതെന്തായാലും അങ്ങനെ ഒരു അജണ്ട എനിക്കില്ല ഇതാണ് എൻ്റെ അജണ്ട തുറന്ന അജണ്ട രഹസ്യ അജണ്ട എന്ന മൂർഖന്മാര് എന്നാണ് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നുണ്ട് മോക്ഷത്തിനു വേണ്ടി അല്ലാതെ ഇങ്ങനെ പ്രവൃത്തികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അവരെ കുറിച്ചാണ് പറയുന്നുണ്ട് മോക്ഷത്തിന് വേണ്ടി ഇതൊക്കെ ചെന്ന് നിങ്ങളൊക്കെ നല്ല ആൾക്കാർ ബുദ്ധിയുള്ളവർ അപ്പൊ നിങ്ങളാരും പ്രയാസപ്പെട്ടില്ല എന്താ അവരെ കുറിച്ചാണ് പറയുന്നത് അല്പജ്ഞാഭാഗം ഭോഗൈശ്വര്യകൾ വർത്തമാനാം പ്രവന്തി ഇവര് ഭോഗൈശ്വര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു അവരുടെ ജീവിതത്തിനായി നമ്മൾ ഭോഗ ഈശ്വരക്ഷേത്രത്തിൽ പരി വർത്തമാന അവരെ കുറിച്ച് പറയും എന്ത് പറയുന്നു വേദവാദരും വേദന എന്ത് പറയും വേദശോത്ര വേദേഷ വേദാന്തേഷിച്ചത വേദം എന്ന് വെച്ച വേദാന്തത്തൊക്കെ എടുത്തു ഉപനിഷത്തുകളൊക്കെ എടുത്തു ും ഉപനിഷത്തും ചെന്ന വാന് ചേർ വേദവും പഴയ കാലത്ത് അങ്ങനെയാണ് വേദവും വെച്ചാൽ വേദാന്തായിടത്തും പ്രത്യേകിച്ച് വേദ ഉപനിഷത്തോ അങ്ങനെ പറയാറുണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഉപനിഷത്തിന്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് പറയേണ്ട ആവശ്യം ർഗാദിഫലവാദു സക്താഹ വേദത്തിൽ സ്വർഗാദിഫലവാദം സർഗാദി ഫലങ്ങളെക്കുറിച്ച് പറയുന്നത് അതിൽ ആസക്തിയുള്ളവർ അപ്പൊ വേദം വേദവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വേദം ചൊല്ലുന്നു എന്നുള്ളതാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗാദിഫലങ്ങൾക്ക് വേണ്ടി ഒരു വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിനു ഞങ്ങൾ ആത്മ്യപ്പെടുകയായിരിക്കും ിൽ പറഞ്ഞാലും ശരി പുരാണങ്ങളിൽ പറഞ്ഞാലും ശരി ഇതിഹാസങ്ങളിൽ പറഞ്ഞാലും ശരി സ്മൃതികളിൽ പറഞ്ഞാലും ശരി എവിടെ പറഞ്ഞാലും എല്ലാത്തിനും ചേർത്തോ മോക്ഷമല്ല ബാക്കി എന്തൊക്കെ ഫലങ്ങളെ കുറിച്ച് പറയുക അതാണ് വേസ്വർഗാവി ഫലപാത അത്യേഷ്യ വേദം ഒരാൾ ചെല്ലുന്നത് കൊണ്ടാണ് മോശം കാരണം വൈദിക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് അയാൾ മോശമാകുന്നില്ല അവിടെ ഇത്രയുള്ള പ്രശ്നം സ്വർഗത്തിനുവേണ്ടി ചെയ്ത അവൻ മന്ദബുദ്ധിയാണ് അവൻ നിന്ദിക്കപ്പെടേണ്ടത് ഞാൻ പറയുന്നതിന്റെ വ്യത്യാസം ഞാൻ അസ്ഥീരിവാദ സ്വർഗാദധികം ഫലം നസ്ഥീതിവാദ അതിനോടുള്ള ആസക്തി അതല്ല എന്നുവെച്ചാൽ സ്വർഗ്ഗത്തിലധികം ഫലമില്ലാതിൻ്റെ അവസ്ഥ സ്വർഗത്തിൽ കഴിഞ്ഞു വേറെ ഫലമൊന്നുമില്ല എന്ന് കരുതുന്നവര് ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ ഈ പഴയ കാലത്ത് ഈ വൈദികന്മാർ യാഗം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും മുഴുവൻ സ്വർഗത്തിൽ എഴുതിക്കും പുതിയ വലിയ യാഗങ്ങളും അശ്വമേധം പോലുള്ള വലിയ യാഗങ്ങളൊക്കെ ചെയ്ത സ്വർഗത്തിൽ എഴുതിക്ക അത് പറയു കാമാനഹ കാമപ്രവ മനസ്സഹ കാമാനസ്സോടുകൂടിയാണ് സ്വർഗപരാഹ സ്വർഗരായണ സ്വർഗം തന്നെ പരവുമായ ആസ അങ്ങനെയുള്ളവരെ സ്വർഗാദി ഫല അവസാനി പുനർജന്മ പുനർജന്മകർമാഖ്യം ഫലപ്പെട്ടു അപ്പൊ സർഗത്തിൽ എത്തിച്ചേരുന്നു അങ്ങനെ ഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജന്മവും കർമ്മവും പുനരുജ്ജന്മ കർമ്മമാക്കിയ ഫലപ്പെട്ട പുനരുജ്ജന്മവും വീണ്ടും കർമ്മവും വീണ്ടും ഇതൊക്കെ ആവർത്തിക്കും എന്നാ അതുകൂടെ ഗിരീധന പറയുന്നുണ്ട് ആ ബ്രഹ്മഭുക പലരാവർത്തിനോർജന വ്യാഖേരണത്തിൽ പറയുന്നുണ്ട് ആ ഭഗവാന്റെ ധാമം അതൊഴികെ ബാക്കി എവിടെ ചെന്നാലും തിരിച്ചു വരും ബ്രഹ്മഭുവനം എന്ന് പറയുന്നത് നാരായണന്റെ വാസസ്ഥലമാണ് ജന്മ ജന്മകർമാക്കി ഫലപ്പെടുക കർമ്മശേഷണ ഒരു ഉത്കൃഷ്ട അപകൃഷ്ട ജന്മപ്രാപ്തവും ശ്രദ്ധിച്ച ശ്രദ്ധി തന്നെ നേരിട്ട് പറയും അത് നമ്മൾ ചർച്ച ചെയ്തതിന് പ്രധാന ഭാഗം ചോദിച്ചത് ിക്കാതെ വിട്ട ശരിയാണ് മണീയ ചരണാഹ പുണ്യം ആചരിക്കുന്നവർ അഭ്യാസോഹി പെട്ടെന്ന് അഭ്യാസ നക്ഷത്രം രമണീയാം യോനിയും പുണ്യ പുണ്യജന്മങ്ങളെ പിറക്കുന്നു അവർക്ക് പുണ്യജന്മുണ്ടാവും ഏതാണ് ഈ പുണ്യജന്മം എന്ന് പറയുന്നത് ബ്രാഹ്മണ യോജിയുമ്പോൾ ക്ഷത്രയോനിയുമ്പൈശ യോജിയത് മൂന്നും മൂന്നും പുണ്യജന്മങ്ങളാണ് പുണ്യജന്മങ്ങളാണെങ്കിൽ ഇതിൽ തന്നെ എന്താണ് മുഖ്യം പുണ്യം ബ്രാഹ്മണ പുണ്യ ഏറ്റവും പുണ്യമുള്ളത് ബ്രാഹ്മണനാണ് കുറച്ച് പുണ്യം ക്ഷത്രിയനാണ് കുറച്ച് പുണ്യം വയസ്സനാണ് അങ്ങനെ വരും അപ്പൊ പുണ്യം കൊണ്ടാണ് ജന്മം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വയസ്സന് ഇതെല്ലാം ജന്മം കൊണ്ട് തന്നെ തീരുമാനിക്കുകയാണ് അത് ഉപനിഷത്ത് തന്നെ പറയുണ്ട് ചില പറയും ഉപനിഷത്തിലൊന്നും ജാതിയില്ല അതൊക്കെ പിൽക്കാലത്ത് ആരോ എഴുതി ഉണ്ടാക്കിയാണ് അങ്ങനെ എല്ലാം ഉപനിഷത്തിലും ജാതി എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് പുണ്യം കൊണ്ടേ വരാതെ ബ്രാഹ്മണ ജന്മസാധ്യം ക്ഷത്രിയ ജന്മം വൈസ്യജന്മം എല്ലാം പുണ്യം കൊണ്ടേ സാധ്യ അപ്പോ പുണ്യം എന്ന് പറയുമ്പോൾ പൂർവജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ അതിലെ പുണ്യമാണ് അതാണ് ഇവിടെ പറയുന്നത് സ്വർഗത്തിൽ പോയിട്ട് തഥശേഷിയണോ ബ്രഹ്മസൂത്രത്തിന് ബാക്കി പുണ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ബ്രാഹ്മണനായി ജനിക്കാം പുത്രീനായി ജനിക്കാം പൈസനായ പുണ്യത്തിൻ്റെ ഏറ്റെക്കുറിച്ചു അല്ല ജനിച്ചതിന് ശേഷം ഒരാൾക്ക് ഈ പട്ടം കിട്ടത്തില്ല നേരത്തെ തന്നെ പുണ്യം ഉണ്ടായെങ്കിലും അതുകൊണ്ടാണ് ഈ ജാതി അങ്ങനെ തീരുമാനിക്കുക അല്ലെങ്കിൽ സാധിക്കും അതുകൊണ്ടാണ് ഈ പുനർജന്മം എന്ന് പറയുന്നതാണ് ജാലിയെ ഉറപ്പിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് പുനർജന്മവിശ്വാസം അല്ലെങ്കിലോ പൈസ ജോയ്മ അത ഇഹ് കപ്പൂചണ ഇവിടെ കപ്പോ ചെന്ന് പാപം ചെയ്തു മോശം പ്രവൃത്തികൾ അഭ്യാസോ ക്ഷിപ്രം തന്നെ ചെയ്യുന്നു മറ്റേ കപ്പൂവ്യാമിയോനും ആസക്തി പാപ ജന്മങ്ങൾ പ്രാപിക്കുന്നു അതെന്തൊക്കെയാണ് പാപജന്മങ്ങൾ ശോയോനി പട്ടി സൂഖദേവനി പന്നി ചണ്ടാളി ചണ്ടാല് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആദ്യം പറഞ്ഞ രണ്ടും മൃഗങ്ങളാണ് അവസാനം പറഞ്ഞ മനുഷ്യൻ പാപം കൊണ്ട് ജനിക്കുന്ന മനുഷ്യനാണ് ചണ്ടാള് എന്ന് പറയുമ്പോ അവന് എന്ന യാതൊരു പ്രതീക്ഷയ്ക്ക് മതി എന്നുകൊണ്ട് അവൻ ജനിച്ചപ്പോ തന്നെ ചണ്ടാളനായി കഴിഞ്ഞു അത് പൂർവ്വജന്മത്തിന്റെ കർമ്മം കൊണ്ടെന്ന് പറയുന്നുണ്ട് നീ ജന്മത്തിന് ഇനി വിശേഷിച്ച് എന്ത് ചെയ്തിട്ടും പ്രയോജനം കാരണം പൂർവ്വജന്മം തന്നെ തീരുമാനിച്ചു ഞാരായിരുന്നു പുണ്യമുണ്ടെങ്കിൽ നീ ബ്രാഹ്മണനായിരിക്കും ക്ഷത്രിയനായിരിക്കും വഹിച്ചു പാവമാണെങ്കിൽ നീ ഒന്നുകിൽ പന്നി അല്ലെങ്കിൽ പട്ടി ചണ്ടാടനെന്ന് പറയുന്നു മനുഷ്യൻ ഇതാണ് നമ്മുടെ വൈദികമായ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഇത് ശരിയല്ലെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് കർമ്മം കൊണ്ട് ജന്മം കൊണ്ട് ജാതിയെ സ്വീകരിക്കുന്ന ഈ കാര്യം അതുകൊണ്ടാണ് വീതിയിൽ പറഞ്ഞ എന്താണ് ഏക പാപയോനയോ സ്ത്രീയോ പൈസ കഥാശൂദ്രം എന്ന് പറയും അവിടെ വൈശ്യന കുറച്ചുകൂടി കടത്തി വൈശ്യനൂടെ പാപജന്മത്തിൽ കൊണ്ടുപോയി പിന്നെ സ്ത്രീകൾ കൂടി ഒരു സൗകര്യം ചെയ്തു സ്ത്രീകളും ഈ പാപങ്ങളിൽ ജനിക്കുന്നവരാണ് ശൂദ്രന്റെ കാര്യം പറയാൻ പറ്റില്ല ഇവിടെ ചെണ്ടാളിന്റെ കാര്യം പറയുന്നു ഇവിടെ ചെണ്ടാളിന്റെ കാര്യം ഉപനിഷത്ത് പറയുന്നു അപ്പൊ ഇതൊക്കെ മൊത്താസംബന്ധങ്ങള് എഴുതി വച്ചിരിക്കുന്നു വേദമാണ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഇതിന്റെ പ്രശ്നം എന്താണ് സാമൂഹ്യമായ തിന്മകളാണ് ഇതെല്ലാം അത് വേദത്തിൽ പറഞ്ഞാലിച്ചിട്ട് ഗീതയിൽ പറഞ്ഞാലിച്ചിട്ട് ഇവിടെ പറഞ്ഞാലും ഈ സാമൂഹ്യ തിന്മകൾ ഇത് നൂറുകണക്കിന് വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുപേരും അനുഭവിക്കുന്നില്ല അവർ പറയുന്നൊന്നും ഇല്ല എന്ന് പറയും അവരുടെ പരമ്പരകളും ഇതിനുവേണ്ടി ബാധിക്കും ഇങ്ങനെയൊന്നും ഇല്ല ഉപനിഷത്തേണ്ടത് അവസരമെന്നാണ് ഞാൻ ഇത് പറയും ഈ സാമൂഹ്യത്തിന്മയാണ് ശരിയല്ല എന്ന് പറയും ഇങ്ങനെയെങ്കിലും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകും ഇതില്ലെന്ന് പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും കൂടുതലായിട്ട് കിട്ടുമോ കിട്ടും സമൂഹത്തിൽ കൂടുതൽ ആദരവിട്ട് ബഹുമാനം കിട്ടും സമ്മാനങ്ങൾ കിട്ടും വേണ്ടിവന്ന പത്മശ്രീ വില കിട്ടും ഇപ്പോഴത്തെ സ്ത്രീ ഇതൊന്നും എനിക്ക് തരത്തില്ല എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉള്ളതുപോലെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല പത്മശ്രീത്തില്ല പത്മശ്രീശ്രീ കെട്ടിക്കഴിഞ്ഞാൽ കൂടെ ചത്ത് കടക്കുമ്പോൾ പോലീസുകാർ ഒന്ന് പിടിവെക്കും ചിലപ്പോൾ പേടിച്ച് ചാടി എഴുന്നേക്കുകയും ചെയ്യും അതുകൊണ്ട് അതെന്തായാലും വേണ്ട കാരണം ചാടി എഴുതിയിട്ട് പോയാൽ ഇതൊക്കെ അസംബന്ധങ്ങളാണ് ഇത് എഴുതി വെച്ചിട്ട് വായിച്ച അർക്കം പറയുമ്പോഴേ ആൾക്കാരൊക്കെ ഞാൻ പറയുന്നത് എന്നാലും ബോധം കൊണ്ട് തന്നെ ഇങ്ങനെ തോന്നും പറയുന്നത് ശരിയാണ് അല്ലാത്തവരുടെ തോന്നൂ നമുക്ക് എന്നോട് പൂർവ്വ കർമ്മങ്ങൾ കൊണ്ട് ഈ ജന്മം തീരുമാനിക്കുന്നു വരുമ്പം ജന്മനാ ജാതിയോടെ സ്പഷ്ടമാണ് അപ്പൊ അതിൽ നിന്ന് എന്താണ് ഓരോരുത്തരും രക്ഷപ്പെടാൻ പറ്റത്തില്ല സ്മൃതികൾ വരും ആ ജാതിക്കനുസരിച്ച് ഓരോരുത്തരുടെയും ജീവിത ക്രമങ്ങളെ രൂപപ്പെടുത്തും അപ്പോ സ്ത്രീ ശൂദ്രൻ ചണ്ടാളൻ ഇവർക്കൊന്നും വേദാധീനം പാടില്ല ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും വേണ്ട ഇപ്പം വിദ്യാഭ്യാസം നിഷേധിക്കാം പിന്നെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കാം ബോധമില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടി പരമ്പരയായി ഇങ്ങനെ ബോധമില്ലാത്ത സമൂഹത്തെ സൃഷ്ടിച്ച് ഇന്നത്തെ സ്ത്രീകളും ശൂദ്രന്മാരും ചണ്ടാളന്മാരും എല്ലാം ഇതിനടിമകളായിട്ടില്ല കാരണം ബോധമില്ല ഈ പറയുന്ന വ്യവസ്ഥയുടെ അടിമകളാണ് അവർ ഇന്നും വലിയ മാറ്റം ഈ വ്യവസ്ഥയ്ക്ക് വേണ്ടി ബാധിക്കുന്നവരാണ് വിശാരി ഒരുപാട് വന്ന പറഞ്ഞാൽ അവസരം കിട്ടിപ്പോ ഒന്നോടക്കിശേഷപ്പുകളാണ് അടുത്തത് തത്വജ്ഞാനരഹിതയാശേഷ പ്രചര തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ രാമായണികാചാര് പറയുന്ന ആത്മജ്ഞാനവും മറ്റ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇവിടുത്തെ തത്വജ്ഞാനം ചന്ദ്രരാചാര്യ പറയുന്ന എല്ലാം അതുമായിട്ട് ഒരിക്കലും ബന്ധപ്പെട്ടത് അന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് കർമ്മം ചെയ്യുമ്പോൾ വേണ്ട ജ്ഞാനമാണ് അത് താഴെ പറയുന്നുണ്ട് ഞാനിനായി സർവകർമ്മ ക്രിയമാണോ ജ്ഞാനപ്രചുരമേവ ഞാൻ സർവം കർമ്മക്രിയമാണോ ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യും അല്ല സങ്കരായത് പോലെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നതാണ് അല്ല എല്ലാ കർമ്മവും ചെയ്താലും ജ്ഞാനപ്രചുരം വേണ്ടത് ഞാനാധിക്യമാണ് ജാതകം ശരിയായ ബോധത്തോടുകൂടിയാണ് ചെയ്യുന്നത് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്ന ആത്മജ്ഞാനത്തോടുകൂടിയാണ് ചെയ്യുന്നത് തച്ച് ഏക ഫല സാധനതയാ ഏകശാസ്ത്രാർത്ഥം അവിടെ ഒരു ഫലമേ ഉണ്ട് ഒരു സാധനമേ ഉണ്ട് ഒരു ശാസ്ത്രമേ വേദമെന്ന് പറയുന്ന ശാസ്ത്രം മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരേ സാധനം മോക്ഷം എന്ന് ഫലം അതാണ് ഞാനിവിടെ നിരക്കുണ്ട് എല്ലാ കർമ്മം ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുകയാണ് എന്നൊക്കെ മോക്ഷ അനുപയുക്ത സർവേക്രിയാശേഷ മോക്ഷത്തിനുപകരിക്കാതെ എല്ലാ കർമ്മങ്ങളും അഥവൻ ചെയ്തില്ല മോക്ഷത്തിനുപകരിക്കുന്നത് മോക്ഷത്തിനുപകരിക്കുന്ന രീതിയിലേ ചെയ്യുന്നുള്ളു പറയുന്നു അത പ്രയാസബഹുളം പരിമിത നശ്വരഫലം ആ മോക്ഷോ കർമ്മം അപ്പോൾ മുമ്മൂക്ഷു പര്യന്തോ മുമുക്ഷുവിനെ അവർക്കെല്ലാം കർമ്മങ്ങൾ വളരെ ആയാസബളും പരിമിതമായ നശ്വരമായ ഫലത്തോടുകൂടിയിട്ടുണ്ട് അതാണ് ക്രിയാവിശേഷ പ്രചുരം അപ്പോൾ പറയുന്നത് ചുരുക്കത്തിൽ എന്താണ് കർമ്മങ്ങൾ മോക്ഷമാക്കുന്ന ഫലത്തിന് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യാം ആശിഷ്ടത്തിൽ ചെയ്യുക ആശയത്തിൽ വ്യവഹാരപരോധി അപ്പോ വ്യവഹാരപരം വ്യവഹാരം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യം പക്ഷെ അവിടെ പറയുന്ന അദ്വൈതമാണ് ഇവിടെ പറയുന്നത് വേറെയാണെങ്കിൽ ഈ കർമ്മത്തിന്റെ ഭാഗം വരുമ്പോൾ രണ്ടും ഒരുപോലെ പറയും വ്യവഹാരപരനായാലും മറക്കാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദോഷം വശിഷ്ടം പുരോഹിതനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക ജനകനി രാജാവില്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദോഷവും ശങ്കരാചാര്യരുടെ ഒരു പ്രത്യേക നിലപാടാണ് അതുകൊണ്ടാണ് ഈ ശങ്കരാചർക്ക് ഒരു വെളിപ്പേര് കിട്ടിയത് പ്രച്ഛന്ന ബുദ്ധൻ ാണ് കാരണം ബൌദ്ധന്മാരെന്തു ചെയ്തു അവർ വേദത്തെ നിഷേധിച്ചുകൊണ്ട് വൈദികർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശിഖാ യോഹയിലും ഒക്കെ ഉപേക്ഷിച്ച് തടയും മുട്ടയടിച്ച് ഭാവിയും ചുറ്റി ഏകദേശം അതുപോലെ തന്നെ അതിന്റെ ഒരു അനുകരണം തന്നെ സംഗ്രഹാരം ചെയ്തു സിദ്ധാന്തം മാറ്റിയെന്നാണ് അതുകൊണ്ടാണ് പ്രസന്ന ബൗദ്ധിക്കുന്നത് അതിനോട് ഗ്രാമാനുചാരി യോജിക്കുന്നത് അതാണ് ഈ പറഞ്ഞ മതി